മനുഷ്യനൊരു പ്രയാസം ബാധിച്ചാൽ അവൻ ചരിഞ്ഞോ ഇരുന്നോ നിന്നോ ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നാൽ നാം അവൻറെ പ്രയാസം നീക്കിക്കൊടുത്താൽ തനിക്ക് ബാധിച്ച പ്രയാസത്തിനായി താൻ ഞങ്ങളെ വിളിച്ചിട്ടില്ലെന്ന ഭാവത്തിൽ അവൻ കടന്നുപോകുന്നു അതിരുകടന്നവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവർക്കിപ്രകാരം മനോഹരമായി തോന്നിപ്പിക്കപ്പെട്ടു